എല്ലാ തോന്ന സുഖം ചെയ്യണം നമ്മുടെ ഒരുപാട് ആ സുഹൃത രണ്ടാമത്തെ പറഞ്ഞു വാപ്പാ തും ബാബാല്ലി താനി വാഹ തലുവാീ താ പറഞ്ഞു ബാബുലി താരം പറഞ്ഞില്ല ആദ്യം എന്താ പറഞ്ഞത് ബാബു തുറക്കണം എന്ന് കേൾപ്പിച്ചു അല്ലെ രണ്ടാമതെന്താ പറഞ്ഞത് വഴി പോന്നാക്കെല്ലാം വണ്ടി ബാവിൽ അപ്പൊ ഒന്ന് കൽപ്പിക്കലൊന്ന് തുറക്കലേ ഒന്ന് കൽപ്പനയും മറ്റേ പുറവത്തിയാൽ പറയുന്നു അല്ല ലമ കാനൽ അമ്രു കൽപ്പന എന്നത് ആകൂല ലായ്മ അത് പ്രവർത്തിച്ചു എന്ന് വരില്ലല്ലോ കൽപ്പിച്ചു എന്ന് പറഞ്ഞതിനാൽ എന്ത് വരില്ല അത് പ്രാവർത്തികമായി എന്ന് വരില്ലല്ലോ അതുകൊണ്ട് അവർ പറഞ്ഞു അമലൻ അല്ല അമറു ആദ്യം അമറു എന്നത് കൽപ്പിച്ചു പറഞ്ഞു സുമ്മീന്ന് ശേരി എല്ലാം ഉണ്ടാക്കുക അത് ചെയ്തുകൊണ്ട് വഴിവാസി പറഞ്ഞു വൽപ്പിക്കുകയും ചെയ്തു സ്വരം തുറക്കുകയും ചെയ്തു അമൃതമായി ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു അബ്ബലു അരൽബാബിൽ ഹാദിജത്തി അല്ലെങ്കിൽ ആരേഖിക്കും ആദ്യം പറഞ്ഞത് കല്പന അത് ഒന്നാമത്തെ പുറത്തെ വാതിൽ രണ്ടു വാതിലുണ്ടാകും പുറത്തെ വാതിലാ തുറന്നാടെ വെക്കുന്ന പറയാ വസ്താൻ രണ്ടാമത്തെ അരൽബാബിൽ ഉള്ളിലുള്ള വാതിലാണ് തുറന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇൻകാനിൽ മധുരി ബാബായി വീട്ടിന് രണ്ടു വാതിലുണ്ടെങ്കിലാണ് ഒന്നാകാലം കാല അബു അബ്ദുൾ മഹൻമാൻ സുലമീർമ്മെന്ന് പറയുമ്പോൾ കാലഭാഗം അച്ചായ സൂമിയത്ത് പറഞ്ഞ് വാജിബന് അരൽ മുനീർ നിർന്ന് കൽക്കരിക്കുന്ന ആൾ തന്നോ ആ വിധേയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാജിബാണ് തലാഥ തശ്യാ മൂന്നെണ്ണം വാജിബാണ് വാലൽ മൈത് ദലാത വാജിബാണ് നിന്ന് അരൽ മൂന്നെണ്ണം അമ്മ മുനീ തിരുന്നാൽ തിരഞ്ഞുഭൂമി അരിൽ ഹരാന ഹരാ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ ഒന്ന് എപ്പോ ആരെയും അവാർ വിസ്കാരത്തിന്റെ സമയം കാത്തുസൂക്ഷിക്കണം ഇക്കാര്യം നാളെ സംഘത്തോണ്ടപ്പോ ചോദിച്ചാൽ ചെയ്യാൻ ശരിയാവില്ല ഇക്കാര്യം അതുകൊണ്ട് തിന്നിലാവും പിന്നെ വല അനുഭവനും ആ കവുകാരെയും ഭക്ഷണത്തിൽ നീ നോക്കി കൊടുക്കാനും ആവുകാകുന്നത് ഒളിപ്പിച്ചുവെക്കാനും പാടില്ല എല്ലാം കൊണ്ടൊക്കെ ഇഷ്ടം തിന്നോട്ടെ പിന്നെ ഫ്ലൈറ്റിന് മുന്നിൽ നിന്നല്ല വാഹനം നൈറ്റ് അഞ്ച് ഗ്രീറ്റ് അഞ്ച് ഈ നിരുന്നുകാരനോട് എവിടെ ഇരിക്കാൻ പറഞ്ഞത് അവിടെ ഇരുന്നോണ്ട് ചില രീതിയിൽ ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലം ഉണ്ടാവും അപ്പുറത്താൻ എങ്കിലും കണക്കുണ്ടാവും തിരിച്ചിലരോടൊപ്പം തുറന്നുനിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒഴിഞ്ഞു പറയുമോ അതെ അത് കാണൂ ഏ ഇതിലും പാടാതിരുന്നില്ല വില ഉണ്ടാക്കുക വാങ്ങിയിറുന്നഭിമാക്കാത്മാല ഈ വീട്ടുകാരൻ എന്താണോ അതുകൊണ്ട് പൊരുത്തപ്പെടണം അത് കൊച്ചില്ല ഇത് വറ്റില്ല അങ്ങനത്തെ വേണ്ട ഇങ്ങനത്തെ വലിയ പെറുകാതെ സമ്മതം ചോദിച്ചിട്ട് പുറത്തും പുറത്തും സ്ഥലം ഇടാൻ പാടുള്ളൂന്നാണ് പെട്ടെന്ന് ഉൾച്ചോട്ടം നടത്തിയാലേ അതിന്റെ പങ്കിയുണ്ട് തോന്നിയെന്നുള്ള സമ്മതം വാങ്ങിച്ചു പോണം പൊന്നിയൻ ഇതിനെന്താ മിനി അയ്യാബാധപ്പെട്ടതാണ് ലൈഗൻ ഉണ്ടാക്കണം ദാറിന്റെ ബാബു വരെ യാത്രയാക്കലോനൊന്നിച്ചിരുന്ന യാത്ര വരിക ശ്യമാണ് കുരി അന്നായു പറയുന്നു വൈദ്യുത പ്രമുഖ ആയിരം വാതുക്കലോടെന്നയിൽ കുറച്ച് കൂട്ടിയസ്തും നല്ലതല്ലേ അതായത് വരെ പോയി ഉടുക്കറു അതിന്റെ തെരുവാ പറഞ്ഞു അന്ന സൈദ ഈ ആലിയാം കൈസയ്ക്ക് നൈഫ നൈഫല്ല മീറത്തെ മീലിൻ ഒരു മീൽ ദൂരത്തേക്ക് യാത്രയായിട്ട് ഒന്നിച്ച് പോകാറുണ്ടായിരുന്നു പറഞ്ഞു പോ സമയം ഇരുന്നോ ഒന്നര ചുമ്മാറ എന്ന ഇരുത്തിമാരും പറയാതാപിൻ ഇരുത്തിമാർ ഇരുത്തിമാരിന്റെ നേരത്ത് പാലിക്കാനുള്ള ആദാപഥ മഹ്വാനികളെല്ലാം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവിടെ പാലിക്കണോ മര്യാദകളുണ്ടാവും പങ്കൊക്കെ മഹാസുഖ ആകെ ഈ ലൊക്കുവിന്റെ ഹാസിലെന്താന്ന് അത് ആദാവുകൾ ലഭിക്കില്ല ആദാവ് പാലിക്കേണ്ട രംഗങ്ങളെവിടെ എവിടെ പാലിക്കാനുണ്ട് അത് പാലിക്കേണ്ട രീതി എങ്ങനെ കരാറിനെയും അതിനൊന്ന കരാറിനെ ഉയർത്താക്കും താഴെ തുടർന്ന് ആദാബ് എന്തായാലും ആമുഖം ം പറഞ്ഞിരണ്ട് യാമുഖാണ് മോദ്യ മക്കരം രാമുഖം വലിത്തരീതി അതുൽ ബാമി ബാസിന കാൽ വാതി നദിനോതി ായ മഹാന്മാരുടെ ശരീരത്തിനുണ്ട് ഒരു നാഹിനുള്ളൊരു ബാസിൽ എന്താ മാഹിനും ബാസിന് വിത്യാസം ക്ലോറൊപ്പം ഈ നാഹിനാൻ മനസ്സിലാക്കണം ബാസിന് തനിയായിരുന്നു മാറ്റിനാണ് കാര്യം ആ ബാസിൽ ഉള്ള ഒരു ശരീരമാണ് എന്ന് ഒരു നോക്കിയ തിരിയെ നോക്കിയാൽ മനസ്സിലാക്കുന്നത് എന്നാൽ അൽമുറാൻ വലിത്തരീപ്പി എന്ന് പറഞ്ഞ മുറാദിനും തറയപ്പോൾ പുരോപ്പിന് ആ മനുഷ്യൻ മുഴുവൻ മനുഷ്യൻ മുനോട്ടായി അറിയിക്കുള്ള സുരോക്കിലേക്കുന്ന ആ തരീപ്പിക് അതാ കരി പോന അടിഞ്ഞ ആടിനുണ്ട് ബാറ്റിനുണ്ട് ഈ നാഗർ എന്ന് പറഞ്ഞാൽ എന്താ മായ ജവാറാക്കു നായറായ ജവാജീങ്ങളെ തലഹാക്കാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അതാണ് വാഹിർന്ന് പറയും അപ്പൊ നാവ് കണ്ണ് എരങ്ങളല്ലേ രണ്ട് കണ്ണ് നാവ് കാല് രണ്ടും രണ്ടും കാല് ഇങ്ങനെ നായറായങ്ങൾ അപ്പൊ അങ്കുമായിട്ടാണ് ഏത് ബന്ധം എന്ന് വെച്ചാൽ ഈ ബാഞ്ഞർ മായ ഇസ്ലാഹിൽ അവാാലിമിൻ ബാസിനിയായ അവാലിമില്ലെന്ന് ഒന്ന് നത്ത് പിന്നെ കൽബുണ്ട് റോനുണ്ട് ചേർത്തിനാണ് നാലു മക്ക മേലുണ്ട് ബാസിനിയായ അവാാലിമി അതിന്റെ മക്കാമനുസരിച്ചുകൊണ്ട് പോയതാണ് നെസ് കൽബ് റോര് ചേറുണ്ട് ഈ നാല് മക്കാമുണ്ട് അങ്ങനെ ആ ബാസിനിയായ അവാാലിമന് ഇസ്ലാഹാക്കുമായി ബന്ധപ്പെട്ടതാണ് ബാസി അപ്പോൾ അതേതുപോലെ കൊണ്ടണ്ടാണ് കാര്യമാറ്റി അല്ലാഹു ഹൈതൻ ഹാലികൂൻ വഅൽ ഉമറ മുന്തഖബ ഇറാ മഅദും വാബാഫിൽ റബിയ്യ് കൽ ദരിജ് രണ്ടാമതൊന്ന് പറന്നു തുർബക്കും ഇൻനഹു മാഹിം മാറു മൻസലാക റബിയ്യ് ഹിബ്ബൽ മവാഫിൽ മാഫിൽ സനിയതുൽ ലുമുൻ സതഅ അല്ലാഹു ഹൈമറ അന്നസ് കിതാമതല്ലാഹി ലാഹിർ റന്ന മുത്തീമൈ തവായി വരിഗാ എന്നതു ീരൻ അതിൽ രേഖയാണ് തോമ ഹോ എന്നോ അതിനാണ് മനസ്സിലാക്കാം മിസ്റ്റ്ക്രാമത്തിലുള്ള വാതിൻ വാതിൻ ഇഷ്ടത്തിന് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ സ്ഥാനം എന്താക്കി മിസ്റ്റിക്രാമത്തിന് നിപാതത്വവും മുത്തന്നിപ്പ ശിക്ഷത്വ നിബാധ അല്ലേ അപ്പൊ മത്തിനും പറഞ്ഞ ശിക്ഷത്വം നമ്മൾ ഇഷ്ടിക്രാമത്വം ഒന്നു തന്നെയുണ്ട് മുത്താരത്തിന്റെ അതിൽ നിസ്തിക്രാമത്തിനെ തൊട്ടിട്ട് ശിക്ഷത്വ നിബാധി انما باطنيات دا دا الله والله خط البواطن النبي ما هي التهيه الردائيه باطني صحيحان الذي بالوانه قال ابن حزم بارط قال بيذتا الايت الليكمل يقول خط الله ماذ نتا يذ خط الله احوال انه ايمان ادا دعائم وهي مبنطت الاعمال يعني يعني باطنه احوالنا برهوب اعمالي احوالي അപ്പോൾ ക്സ്റ്റുകളുടെ അഹബാൽ എന്ന് പറയുമ്പോ ഈ വാങ്ങിയതായ അമര് നല്ല മെച്ചപ്പെട്ടതായി തീരുക എന്നത് എന്തിന് തെളിവാണ് എന്നെ താജ് ബസ്സുകളുടെ അഹബാൽ അവന്റെ ബാസിനിയായ അഹബാൽ നന്നായിട്ടുണ്ട് എന്നറിഞ്ഞു അവ പുറമേ ചെയ്യപ്പെടുന്ന ഏതൊരു അമര് നല്ല മസത്തിൽ ചെയ്യുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കാം അവന്റെ ഉള്ളില ഇത് ഇതിന്റെ അഹബലുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഈ അഹബാൽ നല്ല മെച്ചമായിട്ടുണ്ട് അതെന്തിനുണ്ടോ കൈയ്യാത്ത നോക്കിയിട്ട് മനുഷ്യന്റെ ഉന്മേഷ് മനസ്സിലാക്കുന്നില്ല പേടിയെല്ലാം ചെയ്യുന്നതി ഉന്മേഷ അവസരത്തിലാണോ തിരക്കെട്ട് എറുറിയതാണോ നല്ല ആവേശത്തോടുകൂടി എഴുതിയതാണോ നല്ല കുടിക്കുന്നില്ലേ ഏതുമ്പോ മനുഷ്യൻ നിങ്ങൾ വേദന അവസ്ഥ മളവു തിരികുണ്ടാവും കയ്യിലെ പറഞ്ഞനുസരിച്ച് ഇതിലോ മളവും കൊണ്ടിട്ടുണ്ടോ ഇതെല്ലാം ഉന്മേഷപ്പുറം എറുതും ഇതൊരു മെസ്സോട്ടിൽ ലഭിക്കുണ്ടാകണം ിയത് അല്ലെ പുറമെന്താ വരും റിക്കർ എടുക്കട്ടെ ബഹുത്തെടുക്കട്ടെ റാത്തി എടുക്കട്ടെന്തോ അതിന് നല്ല കുറച്ചു അതിന്റെ ഉള്ളിലെന്തോ കുറമ്പോ എന്താക്കി ഇനി അഹമാന എന്നാലും നിർണ്ണിക്കുന്നു ആ വഹസിനുള്ള അഹമാനുണ്ടെങ്കിൽ മഹാമാ മക്കാ മാത്താൽ അത് ഇന്ദ എന്നു പറഞ്ഞ അമ്മാവും മനുഷ്യന്റെ ഓരോ സ്ഥാനത്തേക്ക് നീ ഇന്ന് നടക്കുന്നു നീ ഇവിടെ ഇരിക്കുന്ന അളക്കെത്തി വിളിക്കുക ഇതൊക്കെ ഇരിക്കലിങ്ങനെ തരം മാറ്റി കൊടുക്കണ്ടല്ലോ ചൗബയിൽ നിന്നാട് ഇച്ചിരി നീ പറഞ്ഞാൽ നീ ചുക്കൊള്ളിച്ച് നീന്താത്ത ഇപ്പോഴില്ല മറ്റൊരാൾക്കൊന്നും ബാബില്ല ആ ഇതാ ഓരോ മക്കാർ ആ മക്കാമാർത്തി ആണോ എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞതു അതിങ്ങനെത്തി അതുകൊണ്ട് അതിന്റെ ആളുകളുണ്ടല്ലോ അതിന്റെ നഷ്ടം കൊണ്ടായിരിക്കും അപാരുണ്ടായി മൂന്നി ഒന്ന് ലോഡിയിൽ കാണുന്ന അമാരി അത് ഇത് ബാഗിനുള്ള അലവാദം ഈ ബാഗുള്ള അനവാദം തനിയാവില്ല അമ്മാവ് മാറാൻ അനുഭവപ്പെട്ട ഓരോ മക്കളാ മാതൃകയും കുറിച്ച് ഇരുത്തിയിരുത്തി ഇരുത്തി അത് തിരിച്ച് പ്രാക്ടീസാകുന്ന അവസരത്തിലാണ് തീരെ കരിയാവുന്നത് തീരെ ഇത് ഇതിന്റെ തെളിവാണ് ഇത് ഇതിന്റെ തെളിവാണ് കാരണം ഇല്ല മക്കാനായതെന്ന് നിൽക്കുമ്പോൾ ما تسودية في غيب السراعير ظهر في شهادة اللواهر إنوان ما تسودية شيبك فتر غاية إنه في غيب السراعير سراعيرا أقولنا غيبين شيبك فتر غاية سراعيرا أنما يسنده للسريرة لي مرى للسراعير اللهم عصله سريرتنا اللهم جعل سريرتنا خيرا من عاليتنا മദ്യൻ അലാലിത്തനാ താലിൻ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് നിർത്തുന്ന ഈ അവസ്ഥകം തവള ശരീരത്തി അതിന്റെ ജമ്മാണെ സറാജ് ആ സറാജു റൈബാണ് സറാജു ആകുന്ന കൈബിൽ നിക്ഷേപിക്കപ്പെട്ട് എന്തുണ്ടോ അത് മാഹുതാകുന്ന ചഹാടത്തിൽ എന്താകും പ്രകടമായി തീരും ഒന്നും ഒത്തിച്ചോട്ട് തീരുമാനവും ബദീരത്തിന്റെ അലിവാർഗീനം നോക്കിയാൽ തന്നെ ഒന്ന് ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് ചെല്ലുമുട്ട് നിക്കുന്ന ഓരോ ആമ്യത്തിൽ കൂടിയും ചില സംസ്ഥാനത്തിൽ കൂടിയും എല്ലാത്തിൽ കൂടിയും ഒരു ഉള്ളിലെന്തോന്നുണ്ടെന്ന് കുറച്ച് നോക്കൂ പക്ഷെണ്ട് പേരിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോളൂ അപ്പൊ ആ ഇങ്ങനെ ഒരു മാസം അതിലൊരു ഇല്ല അന്നും ഇല്ല അന്നമാ താലിനൊക്കെ മീസിലായുള്ള ശരീരത്തിന് പേരും പറയും അമ്മ താലിനൊക്കെ മീസിലായുള്ള വാർത്ത ഇന്നമാ തലേക്കത്തൻ എന്നും പേര് പറയലുണ്ടെങ്കിൽ പേരിൽ വ്യത്യാസം പറയാനു മാത്രം അത് എത്ര കണക്ടൻ ചെയ്തിട്ടുണ്ട് സുമ്മ ഹാറ്റേക്കത്താൻ തരീക്കത്തിന്റെ അപ്പുറം തന്നെ വാർത്തയ്ക്ക് തോന്നി അപ്പൊ വാർത്തൻ്റെ എണ്ണെണ്ണി അങ്ങനെ പേരൊടുക്കൽ എന്ന് ചോദിച്ചാൽ ബാക്കി നാഹിനും ബാസിന് ഇങ്ങനെ എണ്ണെണ്ണ ഉള്ളത് ഒന്ന് ജിസ്മുമായി ബന്ധപ്പെട്ടത് ഒന്ന് കൽമുമായി ബന്ധപ്പെട്ടത് മറ്റേക്ക് വന്ന ഹൽക്കുമായി ബന്ധപ്പെട്ടത് അതിന്റെ ഹാരിഫുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ജഹാബത്തുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മറ്റേത് ദൈവവുമായി ബന്ധപ്പെട്ടത് പറയാം ിൽ നമ്മൾ നാഹിരുന്നും മാത്തിനും ബന്ധപ്പെട്ട ഓരോന്ന് നിരന്തരിച്ചു പറയുക എന്താ നാഹിർ എന്താ ബാസിനിടബു ഇല്ലെങ്കിൽ അല്ലെ ും അക്കലാക്കുകളും ആകുന്നു അതാണേത് തിരിച്ചിമാരി വരുന്ന ആദാബ് ഹൽക്കുമായി ബന്ധപ്പെടുന്നതിന് ഇത് ആരോടെ ആദാബും അക്കലാർക്കും മാക്കുലി ഹൽത്തിൻ എല്ലാ വടക്കുകളോടുമുണ്ടാകും എങ്ങനത്തെ പുറത്ത് മാലഹോഹരക്കോൽ അവന് ഈ നിഷേധത്തിൽ നിന്നെ സ്വഭാവമൊന്നും നിർത്തിയിട്ടില്ല അന്നത്തെ അലോടിനെ അവൻ നല്ല നിരക്ക് പെരുമാറിക്കൊണ്ടോ അറിങ്ങാക്കണോ ഇകത്ത് നീളോ അറിയി നല്ല നിരക്ക് പെരുമാറുന്നവർ മാത്രം നല്ല രണ്ടാകാം മറ്റുള്ള ആചാരക്ക ശരിയാവില്ല അപ്പൊ ഞാൻ പറയും കലാകൃതനും ഒരു ഹില്ലാത്തവനോടും ഉണ്ടാക്കണം ആ ദാമുള്ളതാണോ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകും നല്ല മനസ്സിലുള്ളതിന്റെതാണ് മാതിരു ശരീരത്തിലുള്ള ബാത്തിൻ്റെ അല്ലാമെന്ന് പറഞ്ഞത് ആ അതന്നെ ആ ബാതിരി മനാതികളുടെ അഹബാൽ അഹബാലികളാകുന്ന മനസിലാണ് മഹൻ മക്കാവാതി മക്കാമാതോഅപ്പം അതായത് അഹബാല് മക്കാമാതിലുണ്ട് ഒന്നു ഒരു സാധനം വന്ന് പെട്ടെന്ന് പോയി പോകുന്ന രീതിയിലായാൽ അത് ഹാരി വന്നിട്ട് സ്ഥലം പിടിച്ച് ഹൃദയത്തിന് സ്വാധീനിച്ചു കഴിഞ്ഞ് അത് മക്കാം അതോടാ വേരൂരി നോക്കാം അപ്പൊ അഹ്വാനി മക്കളാമാർ ആകുന്ന മനുഷ്യരകളാകുന്നു ആരോടുള്ളത് രീതിയിൽ ജലാ നിൽക്കളാമായ അമ്മാവുമായി ബന്ധപ്പെട്ട് അപ്പൊന്ന് ബാക്കി അണുക്കിനോടുള്ള മന്ദേജിൽ നാവിൽ اذريده قلت تو. لما خبر ان الذي طلع ماهر هو ما يظن وانا داريت ان العايد انما امراد مرضد وهو من عاين هذا ما ينهره ارجوا دي من العذاب المرعيه ولا الاخلاق الثنيه ولا الاعمال الذكيه الله بارك ترضى كما عذابن नेत्र مقلاتن اعمالكم بدل عليه ലക്കീസത്തിന്റെ മറാക്കി ചെറിന്റെ അഹക്കാമങ്ങൾ ഒപ്പിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ തറക്കിയത്താക്കപ്പെടുന്നത് മനമാവൃത്തിയോ എന്ത് ചെയ്യുന്നതിനും ലക്കീയത്ത് മുതക്കാ തസ്ക്കിട്ടാക്കപ്പെട്ടതിന്റെ തറക്കിയത്താക്കപ്പെടണമെങ്കിൽ കഴിഞ്ഞാൽ ശരീരത്തിൽ വിമർശിക്കപ്പെടാത്ത രീതിയിൽ അതിന്റെ കാര്യങ്ങൾ ഒത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇപ്പൊ പായ് റഫ വായിക്കണമെന്ന് ഇരുവിൽ പറഞ്ഞു നെഹവിരി ആ പായ റഫ അനുസരിച്ച് വായിച്ചാൽ താക്കപ്പെടും മാറാന്ന് പറഞ്ഞു ഏത് ഞാൻ ലഹരിതും എന്നതുപോലെ തിറൈൻ ഡനികാരെടുക്കി തിരിക്കും വിമർശന വിധേയമാവല്ലാത്ത രീതിയിലാക്കപ്പെട്ടു കഴിഞ്ഞ തെളുക്കി അതും അതുപോലെ ബാത്തിനും പുന്ത് എന്നും അറിയിച്ചു വഹുവ എന്നാ ബാത്തിന് മാ എത്തുമുനുക്കി കുലോബി കൊൽബുകളിൽ ചിന്തകം കാര്യങ്ങളാണ് والواردات في مرانيتي اراهمي बंदപ്പെട്ട वारिदातുകളാലും والمقامات الظانيه في ربمائي বন্ধപ്പെട്ട احوالുകളാലും والمقامات اليقينيتي يकीनമായി বন্ধപ്പെട്ട মাকামিল ইলমুল ইয়াকিন আরিয়তি আকুদ ইয়াকিনാണല്ലോ যিনিনুমাই වතපට ಅದি মান উনোম নബুল নিয়তি হালুম ওয়াল আছরার আল কুবিয়তি কুবтияയ ব্যক্ত নমা কা pata আছরার গালানুম ইজা আল তাসবিহ জিতি পরনেলু ആദ്യം ഇത് ഇരായായ വാരിദാസുകൾ വരും വാരിദാ ഒരു ഉന്നതമായ സ്ഥാനത്ത് നിന്ന് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കുന്ന സാധനമാണ് വാരിധ്യം എന്ന് പറയുന്നത് ഇപ്പോ ഇതൊരു പൈപ്പാണ് ഈ പൈപ്പിന് വെള്ളം താഴേക്ക് പോകാൻ ഈ വെള്ളത്തിൽ നിന്നാ വാരിദ്ധ്യം താഴേക്ക് വന്ന് അപ്പൊ ഇലായിയായ വാരിദുകൾ കമ്പിനെ സാധ്യം അതിനാൽ അഹമാനം നമ്പാൻ ഈ റബിന് പൊരുത്തപ്പെട്ട ചില അവിടെന്താക്കും എത്തിയിരുന്നു മക്ാമ്പളത്തിന് ഇങ്ങനെ കുത്തി വന്നു പിന്നെ രബിന്നിഞ്ഞ ഒരുകൊല അതിനായിത്തീർന്നു പിന്നെ മറ്റുള്ള ആൾക്കും പള്ളൊരു സ്ഥലം തിരിയാത്ത അസുരാതുകൾ അപ്പൊ തസീബിന് കണ്ടിൽ പതിനാലിന് അങ്ങോട്ട് അങ്ങനെ വന്നപ്പോൾ ഇത് രണ്ടും ഗുണങ്ങളിൽ നിന്ന് വന്നല്ലോ ആ ജവാബ് വരുന്നേ ഉള്ളു വൈദ്യന അതാ അല്ലേ വൈദ്യന അയ്യനാണ് ഇവിടെ മുസന്തിപ്പ് പറയുന്നു ഈ രണ്ടാമത്തെ വരി ലാമത്തെ വരിക ഈ വാലകമ്മാറഞ്ഞതാണ് ആ ലമ്മ ജന പോഹിയോ ലാതാവലാക്കു എന്ന് പറയുന്നത് പയ്യന് അത് ജവാബിൽ പറയുന്നു ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു മാഹുലവിടെ മായസുബിഹിൻ ബാഹിനോ മായസുബിഹിൻ ബാസിൻ ബാഫിനുമായി മൊത്തത്തായ കാര്യങ്ങൾ എന്തുണ്ട് ബാഹിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുണ്ട് വ്യാഖ്യാനിച്ചു അങ്ങനെ മൊത്തം പറഞ്ഞു തരുന്നു അഹിലി എന്ന് പറഞ്ഞാൽ അൽ ആദാവോ ആദാവുകളാകുന്നു എന്നെ പറഞ്ഞേ അത് ഇന്ന തൂക്കിയെത്തി ഭൂണ്ടല്ലേ ആ ടിക്കീരത്താണെന്ന് പറയുന്നത് എന്തോ അപ്പൊ ഭൂ വേണം വന്നുള്ള ഉദ്ധ എന്തോഫിയത്തിന്റെ അടുത്ത് ഹവാണോ അല്ലെ ഭാപിച്ചത് യാതാവിനെപ്പറ്റി മൊത്തത്തിൽ കളിക്കുന്നു പറയണേ പെക്കുമൽ ഹവാണബുൽ ഇപ്പൊന്നതാവിന്റെ നാവിക തൊക്കെ ചേർത്തുന്ന ഫിസൽ ഹാറ്റ് ഉള്ള എന്ന വാക്കുകൾ എടുത്തിടങ്ങി അവാത്ത് എന്നാണ് അതെല്ലാം നോക്കുന്നു അവാസൽ കമ്പ കണ്ണ് കണ്ണിന്റെ താഴ്ച കാവിന്റെ കേളി കാവിന്റെ രജി നമ്മൾ താഴ്ച തുടങ്ങിയ മോഞ്ഞളായ അംഗങ്ങളെല്ലാം വന്നു അതിന് എന്താകണം ചെറിയ കുറ്റകരമായ എല്ലാ കാര്യങ്ങളും അത്തും കാത്തുക എല്ലാ പിന്നീട് എന്താ എന്നും നിപ്പ ലോകത്തിൽ നമ്പാസ് എന്ന് പറഞ്ഞാൽ വക്കത്തില് വക്കത്തിന്റെ അറ്റിയ തമ്മിലല്ലേ നപ്പത്ത് എന്ന് പറയുന്നത് കൊടുത്ത എന്ന് പറയുന്നത് അതില് മതിങ്ങൾ കൂടുമ്പോന്നെ നിരക്ക് അറുപറയെ കൂടുമ്പോ തന്നെ മണിക്കൂറ് ആ ഓരോ നെപ്പുകളും നബുദ്ധീകരണച്ചാൽ പാഴായി പോവാത്ത രീതിയിൽ സാധകുത്തി കൊള്ളുക ഓരോ തെറ്റം എന്തിന് സ്ഥലമായി കടക്കുക ഉണ്ടാക്കും ആ വക്കത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്തോ കൊയ്യുന്നു സമ്പാദ്യം ആ എന്ത് കൊടുത്തിട്ടു സമ്പാദിച്ചു വ്യക്തമായ ദരീപത്തിലും പറയുന്ന മോ നേർത്താം എന്ന് പറഞ്ഞിട്ട് ം ദം എന്ന ശ്വാസം നമ്മുടത്തിൽ നിന്നില്ലേ വന്ധോയിൽ ദമ്മിത്തിനും താസം ധർമ്മന തീ ദർത്തന കൊളത്തി ഗർഗം കൊണ്ടുണ്ടോ അപ്പം തീ ശ്വാസം ഓരോ ശ്വാസത്തിലും ഓർ എന്ന് പറഞ്ഞാൽ എന്താ ബോധവാനാകുക ഓർദം ഓരോ ശ്വാസത്തിലും ബോധവാനായി خلق درطم، نظر ضرق قدم، تحر درطم، خلوة درأن جمع، فكرة خلق درأن جمع، فكرة خلق درأن جمع، فكرة خلق درأن جمع، أبيناع، يهلاعنا عاديل دائر، أهمد الفارغة تتران ديمان ربي الله عندي لحيات موقرة مونة نمكوتي، أبيناع مونة باتاية. بأيكو؟ هم؟ يوجد، يوجد، يوجد، يوجد، يوجد، بالحقيقه هو الا يقول الحواث انهم ام باس معناها ان اي لو قال ان يقول حق حق اللون لانه انه انه انه, أنه, هل هل أنه ما هي الاعقاب ونظرته اني يقول الجوارح وتضني في انواع مقالها هذا دوارته منه هذا والحقم ان تقول ما ذي حق لنا അന്നബു നാസിൽ എന്ന് പറഞ്ഞാൽ തഹദീബ് ഉൽ ജവാരിഹി ജവാനിഹീനെ അച്ചടക്കം പഠിപ്പിക്കലാവുന്നു എല്ലാ ദിവസങ്ങളൊക്കെ തഹദീബ് അത് പാർട്ടി പറത്തി മണിയാക്കിയെടുക്കുക ജവാനിഹിനെ പിന്നെ പ്രതിനിധിക്കുക ഈ ജവാനിഹിന്റെ നനങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുക ഈ അന്മാറി മതലഹത്തിന്റെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതിനെല്ലാം ഉപയോഗപ്പെടുത്തുക അതെന്താ കൊടുത്തു റിയില്ല അത് ഈ തന്നീപ്പും തലീപ്പുകളും കൂടുംബംഗങ്ങളും എന്ത് നമ്മളത് വെത്ത് ഓരോ സ്വാത്വസ്ഥവാദത്തിന്റെ സമീപം എന്തും കൈകാര്യം ചെയ്തു എന്നൊക്കെ തന്നിപ്പൊണ്ടുവരുമല്ലോ കാല പുറമിയ റമിയമ്മക്ക് പറയുന്നു വാരാക്കുല്യ ജാരിഹത്തിൽ ആദാദും തത്വക്കുതിയും ഓരോ അംഗങ്ങൾക്കുമുണ്ട് വിവിധങ്ങളായ ആദാദുകൾ ആ യാദാഥുകൾ ആ അംഗവുമായിട്ടുണ്ട് പ്രത്യേകമായിട്ട് അന്തമുണ്ട് பக்கர் தகால்லா த யல்லஸ்தமா வன் பஸரா வன் குஆத புல்லு உலைக்க கான அன் நு மஸூலன் அல்லாஹு ரஹ்மத்துன் தம்ஹே பத்தர் குஆல் யல்லி காய்க அன் நு அம் மூர அங்கம் என்ன லோ இந்த மூண அங்க ம அர்த்தம் தெரியைகிட்டீங்க இந்த மூண அங்க நமக்கு குர்ஆன்ல சாவீத இந்த கண்டணும் குல்லு உலைக்க மேல் பாயப்பட்ட வித ஓரோனும் கான அன் நு மக்பூலாவை நெபெட்டி ஜோதி செய்யப்படணும்ல்ல அல்லாஹ் تعالی அது അപ്പോഴാണ് ഇവരുടെ ഡ്യൂട്ടി വക്കാല ഭാരതൊക്കെ പറയുന്നു ഹസ്ലു നഗലി അല്ലാത്ത സഹക്കളെന്താ ഈ ഭാത്ത ഒപ്പിക്കുക ആ മൂത്തമി ഫോടി ഹൃത്തുനൽ നഗലി അല്ലാത്ത സഹമ്പക്ക ജാതി ഹമ്മിൻ ജവാദിക്കപ്പി ഹരില്ലോ ആ മൂത്തമ്മി ഫോർ ഒപ്പിക്കുന്നതുകൊണ്ട് ഇപ്പം ഇതിന് അപകടം ഇനിയല്ലാത്ത തരങ്ങൾക്ക് പുറത്തീലായിട്ടും ഇല്ലേ അല്ല വാർത്ത വള്യൂണൽ അദബി അള്ളാഹുവിനോടുള്ള ഹർബ്യൂണൽ അദവ് എന്ന് വെച്ചാൽ അതി മുക്ത അല്ലാതത്തെ ഹർദക്ക ജാരികൾക്ക് അതിലല്ല മുത്തു എന്റെ ജാതിയത്ത് നിമാതിരിക്കാൻ എന്റെ അംഗങ്ങളിൽപ്പെട്ടവരംഗം ഉച്ചരിക്കാതിരിക്കലാണ് ഈ അതും അതെല്ലാം ഒന്നാമിന്റെ പൊരുത്തം അല്ലാത്തതിന് ഒന്നും അനങ്ങാൻ പാടില്ലാത്ത അതാകുന്നു മിസ്സുകളുടെ അക പോലും അന്നിന്റെ അർത്ഥം അല്ലെ അവരോ അംഗങ്ങളിക്കറിയാക്കുന്ന മൊത്തത്തിലല്ല പറഞ്ഞപൊല്ലിറ്റാലി തിരുമേം കഫ്റ്റീല് ജമാലികൾക്കാണ് മൊത്തത്തിൽ പറഞ്ഞിട്ട് സിഹത്തിനെ നൽകിയത് വലവാദിനെയും പിന്നെ വലായുക്കൽ നിമഹം വിമ യൂന അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ സംസാരിക്കാൻ പാടില്ല അപ്പൊ ഇഷ്ട നേരം പറഞ്ഞാ അതിന്റെ തഹലീയത്താ നീ വത്മാനിക്കുന്നത് വലായുക്കൽ നിമ അതിന്റെ തഹലീയത്താ ഇന്നു പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വലായുക്കൽ നിമഹം വിമ യക്കുറ ഊന അപ്പ എന്താ തീവ മലി മൂഹും അത് മുതായ തീരായിരുന്നുവെങ്കിൽ ഈ മല യഹത്താബലാബു എന്നല്ലേ ഉണ്ട് ഇപ്പൊ ഞാൻ അടുക്ക കലയത്തിലല്ലേ അടുക്ക കളയുമ്പോൾ ഏതാ ഗീവെന്നുണ്ടെങ്കിൽ ജസ്മു അല്ലെ പിന്നെ ഏതാ തീരത്തിൽ ജസ്ബു ല്ല ആ സുമാരിക്ക് അറിയില്ലല്ല അപ്പങ്ങനെയാണെങ്കിൽ മലയുക്കല്ലിം ഹും മലയുക്കല്ലിം അവര് സംസാരിക്കരുത് അവർ എന്താക്കണം നെഹ്റാത്തി നെഹിയാത്യ ഏറാബന്ധായി ജുമാരല്ല വസ്താക്കമ്പളല്ലേ മൂന്ന് വൈകുന്നതി നഹിയാക്കുമ്പോഴാണ് മു നഹിയാക്കുമ്പോഴോ കെല്ലിം അപ്പൊ വലായ വലായനിമീമത്തും പറയാതിരിക്കുക എന്നാ യനി എംസി നമീമത്തി വല ആർദും എനിന്ന് പറഞ്ഞു നർത്ത വലായനിമ നമീമത്വം നടത്താതിരിക്ക വലായ പറയാതിരിക്കുക വലായൂ നീ അപ്പൊ അവിടെ അതിൻ്റെ ഉണ്ടാവില്ലേ അല്ലെ വലായ ഊന്നും തന്നെ വരുന്നു വാങ്ങും ല്ലേ ആ അപ്പൊ ശരി തീ മാലായീ എനിക്ക് ഓഫീസിലൊണ്ട് പോന്നു കഴിഞ്ഞു മാലായാനീ വെച്ച ആവശ്യത്തിന് ഇടപെടാതിരിക്കുക അപ്പൊ അതിന്റെ തകലി എത്തുകൾ പറഞ്ഞത് ഇപ്പൊ മൈദാകാന തീ ജമാഅത്തിൻ അപ്പോൾ ഒരു ജമാഅത്തിനായി കഴിഞ്ഞ തക്കല്ല മഹും അവരോടൊപ്പം സംസാരിക്കണം لا ആവശ്യമുള്ളതിൽ സംസാരിക്കുന്ന നാളത്തോളം സംസാരിക്കുന്ന കുറി കൊടുക്കാം അപ്പൊ ഇതാ അതോ സീമാലായനെയും ആവശ്യം ഇല്ലാത്തവണ്ണിലോ പ്രവചിച്ചു പോയാൽ റഷ്യും വിട്ടുപോകണം വാട്ടിൻസാദ വയസ്സക്കാൻ മക്കാലിൻ ഓരോ മക്കാലും സംസാരിക്കണം വിമാസിപ്പിൻഹാൻ പിന്നാലെ നിങ്ങള് യുവാസിപ്പുൻഹാല الان علنا نجد ما عندنا راينون دعما يعني اللي كنا نقوله راقيين دول اللي عندنا ومقام ومقال اللي عندنا بكل مقام مقال ورق مقام اللي عندنا اللي تنشروا المقال اللي عنده ورق فبتقول ان را بعض هذه بتدي مره عندنا اللي هي ما كمطال ايوجدت اللي عندنا عباره ارغبته <حيك> وقال وطيله പടക്കമാവടാലി താതമാരല്ലേ ആകെ സംബന്ധിച്ചു ഞാൻ കൽവിന്നുള്ളത് വകുത്താ ഞാൻ കരുതി വച്ചതിൽ തർജുമാന കർദ്ദനമായിട്ട് കൽവിന്റെ തർജമാനായിട്ട് ജീവനമണിച്ച് കൊടുക്കുന്ന ആൾക്കല്ലേ തർജുമാനി ഒരാൾ ഒരു കാര്യത്തിന്റെ ഇബാർത്ഥക്കുറുക്കാൻ അപ്പൊ കല്ലിനുള്ള തർജ്ജുമാനായിട്ടാണ് നിസ്സാൻ നമ്പാദമെടുത്തിയത് മാത്രമല്ല എല്ലാ ഹൈലിന്റെയും എല്ലാ ചെറുതേയും താക്കോലും വരും ചിലപ്പോ വിഗ്ഗീനുള്ള കാര്യം തോന്നാൻ ഹൈന്ദിന്റെ താക്കൂലായി ഗവൺമെന്റ് സംസാരിച്ചു പോയാലോ ചെറുതാക്കും നീ തേടുകയാണെങ്കിൽ ആ തലാഹിൻ്റെ നീ സഹായത്തിന് തരണം നിസാദ കൊണ്ടായിരിക്കുന്ന സാഹചര്യവും വളർത്തലീ സുത്തീരാതിമാതിക്കോ ശത്രു അത് ജാഹിന്റെ അഭിമാനം പറയാ പറയുമ്പോൾ ഓൻ ഞാനിരാണോ എല്ലാം ഇരിയോ മുൻണ്ടാണെന്ന് അവനെ കളിയില്ല സത്യാണ് ബിരിയാണി നമുക്ക് അന്നും മുൻപല്ല വാക്കുകളൊന്നും അങ്ങനെ മുൻപാന ിൽ കല്യാണിൽ ആ ഇപ്പൊ നമ്മൾ ദുഃഖിക്കുന്ന തല വലു ആദ്യം എന്ന് ജനങ്ങളെ വലുവിന്റെ മേലായിട്ട് മുഖത്തിന്റെ മേലായിട്ട് തല കുത്തി വീക്കുന്നുണ്ടോ നരകത്തിലേക്ക് ആ മജുവിന്റെ സ്ഥാനത്ത് മനാഹിർ എന്നും നദീ തിരി വാച്ചുണ്ട് മനാഹർന്ന് അതൊക്കെ തന്നെ ഇല്ല അസായ് മനുഷ്യനെത്തെയും അവർ നാവ് കൊണ്ട് പൊയ്തും രാത്യ പൊയ്ച്ചുകൾ അല്ലാതെ വേറൊന്നുണ്ടോ അവിടെ നരകത്തിലേക്ക് മൂക്കുത്തിന്റെ അത്ര മാത്രം നരകത്തിൽ കത്തം കണ്ടവന്റെ പറ്റിയ പറഞ്ഞതല്ലേ ഇനി വഹാതപുസ്കം ഈ അല്ലാത്ത അല്ലാതില്ലേ അപ്പൊ അപ്പറന്നു വളരെ അല്ലാത്ത അകത്ത് െ കേൾക്കാതിരിക്കും മോഹമായ അന്ന് ശരിക്കും കൊടുത്തു പറയപ്പ ഞാൻ ഒരു പത്താവലി എത്തിപ്പെടുന്നു ഒരു വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണ് എങ്കിലും മനസ്സിലി റമുഖമായ കാര്യങ്ങളെല്ലാം എത്തിച്ചേക്കും അവന്റെ ശ്രദ്ധയും അതിൽ കഷമില്ല അപ്പോ കന്ന വിഹി അവൻ ഉള്ളത് പോലെയുണ്ട് അപ്പൊ കണ്ണരീ വക്കുറാൻ അനുഭവിക്കുണ്ടെങ്കിൽ വക്തെന്ന് വെച്ചാൽ ബാധിതം ഞാൻ വെക്കുന്ന അടക്കത്തിനു ഗൗനടന്ന് പറ കണ്ടാന്ന് പറയുമ്പോൾ കണ്ടതാ പറയുമ്പോ കണ്ടാവും കാണിക്കുന്നതാവുന്ന യൗന അടക്കുന്നതാണ് നോക്കാം നടപ്പുണ്ട് ഇനി എത്ര ടാങ്ക് ബാധിക്കത്തിൽ എല്ലാ പാർട്ടി പ്രതൃത്വം ലവരിനെ അടച്ചടയുന്ന ഒരു വസ്തു ഉള്ള മാറി വേണമെങ്കിൽ അപ്പോ മുൻ മനത്തിലെ പ്രവൃത്വവും നിങ്ങൾക്ക് പറ്റാത്തതാണ് പത്രേക്കാരി ലഹരി فإن الله قلت نتيجة وعنه ليس قبله. يعني بقى تعالى هذا الشيء من ذلك فلا تعب نرمو على الذين يتفرين بس محتق الله. أليف لا مضرمين أليف لا مينما أعني أركي لله. بيسل يولي ما أفرم أركضا. أليف لا مينما أعني إلا؟ إذا فضيان نرسل الله. إذا طريق فضيان نرسل الله. إذا طريق فضيان نرسل الله. അമൂർമോ അലല്ലീലോ ഒന്നെ വീട്ടിൽ വന്നു കൊണ്ടിരിക്കും ഏത് ലഹിതത്തിലേക്കു പുസ്തകം നടന്നു പോകും ഇതൊക്കെ ഓൺ പറഞ്ഞു ഞാൻ പറഞ്ഞു വീടോ ആ അല്ലങ്കീനെ ഒത്തുപോയിട്ട് അല്ലങ്കിന്റെ അനഹീനെത്തും പോലീൻ്റെ ഒരാൾക്കാണ് നല്ല മുസ്തലം തോന്നി അതേ തിയാത്രോട് പുറത്താകെ പുസ്തകം തോന്നി അപ്പോൾ തമ്മിലെ എല്ലാ മുൻപറായ കാര്യങ്ങളെയും എഫ് ചെയ്യുന്ന പത്ര അക വൻ എത്തായി വൻപ വൻ ബുദ്ധിമുട്ടാണ് ഇന്ത്യ അഞ്ച് വമാനോദ്വാരും പാടില്ല മീന മീനാമില്ല അത് പാചകം വന്നത് വയസ്സുകളിൽ താ മുത്തീരീ ഇവനോട് സംസാരിക്കുന്ന മുത്തഞ്ചിമാരോടും അവരിലേക്ക് ഉത്തുപാറഞ്ഞ് നാട്ടി കൊടുക്കുകയും ഇവൻ ആരാളോടൊക്കെ അവരോട് നൂറ്റണ്ഡം ചെയ്ത ആയിരിക്കുക അതുകൊണ്ട് അവനുണ്ടാക്കണം അത് അവർ കൊണ്ട് അവർ ജീവിതം അവർക്ക് യും മസരുന്ന ആരാധകൻ അന്ന് പറഞ്ഞു മഹാരണി അനാമാക്കപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം തന്നെ മുമ്പിലാകുന്നു വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പാട്ട് മഹത്തമാക്കിനെക്കൊക്കെ താൻ പാട്ടിലേക്ക് പറയാൻ من طاوله على كنترول ديجان دي واتر كلور اه طارقين ريكستور دي قلت وانا على بالي دينا خدتني ماكوا انا بقى طابه انا لما قلت له انا بدي اقول دي ما عندي لا عندي لا خلاص انا حتكلم وكلم القرع حتجي تبوت من بعد ما انا طارق انا بقول ما عاد بقوه ابو هديه اصلا فان تبو باث كما هو مكتوب في الصلاه وتعود انت ثم هت هذا يكون ما ينهي ترى بان لا يوجد جمهور في تفاضل هذه الدوره انت ان تقر الم وهو معنه ആൺ പാർട്ടിന്റെ കൂടി വിളക്ക് വിടുന്ന കാലത്തോ ആ കരുതിയിലേക്ക് ഒരുപൊട്ടി ആയിരുന്നു അങ്ങനെ കരുതലോ നമ്മൾ അഭിമുഖീകരിക്കുന്നു ഇപ്പോൾ കേട്ടതാണോ ആയിരുന്നു പത്തേക്ക് മുന്നോട്ട് ആയിരുന്നു മുന്നോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് കേൾക്കുന്നത് ഭയപ്പെട്ട മാർവാടകളോ കാണുന്ന അപ്പൊ നിന്റെ കണ്ടെ കൊടുത്ത റാങ് താഴ്ച കൊണ്ട് ആരവശിപ്പിച്ചു പുറത്തില്ല കണ്ണിനെ അസുഖിച്ചു അപ്പൊ തന്നോട് പറയുന്നത് അങ്ങനെ വലിയ യോഗം ഏതെങ്കിലും ദിവസത്തിൽ അങ്ങനെ ആസ്വദിക്കുന്നു അച്ഛനാ വസിച്ചാൽ ഇന്ത്യ അസുഖം അത് മനാലി കാണുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾ ഡൽമാനം മനാലും ിൽ ആ കാണുന്ന പൊതുപുതില്ല അത് അത് മുഴുവൻ സമ്പാദിക്കലും ഉണ്ടാവില്ല എന്നാലും ഭാഷാ വർത്ത വരാൻ ബാധിക്കുന്ന അപ്പൊ വെച്ചിട്ട് വേണ്ടാൻ നോക്കാൻ കഴിഞ്ഞില്ല ഈ വരണം വെച്ചിട്ട് കൊള്ളാൻ പറ്റില്ല അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു സാധനം കണ്ടിപ്പം കണ്ടുനോക്കുമ്പോ അത് കാണാം വാങ്ങാനോ എനിക്ക് സാധ്യമാവുകയില്ല വേണ്ടാന്ന് നോക്കാൻ അത് കൂടുതൽ വരും അതെ ില്ല അല്ല ബുദ്ധില്ല ബുദ്ധിമുട്ടാണ് കുമ്മക്കാളത്തിൽ ഇല്ല ഇല്ല ഇന്ന കാലത്ത് തന്നെ എന്റെ തുലമ്പി പറഞ്ഞു ആ സുലമിന്റെ മക്കൂലാണോ വക്കീല മംഗള തളക്കമോ തമ്മ നടക്കോ അങ്ങനെ പോകുന്നു വക്കീല മംഗള തണക്കുമോ തമ്മ നടക്കുമോ എന്ന് പറഞ്ഞത് തുലമി പറഞ്ഞിട്ടില്ല പിന്നെ പൂക്കുന്നു ഒരാളെ തുറന്നിനെ അടച്ചുപൂട്ടിയാൽ അവന്റെ മറാപ്പുണ്ടായിരുന്നു ഒരു സമത്വം പൂർത്തിയായി ഏതൊരു മണ്ണട മൺ സെന്റ് ഗഹലാത്ത ഹലാത്തു ആരോഗ്യ സമയം മുസ്ലിംസിന്റെ ബാക്കിയാണ് ഒരാളെ ലഹലാത്ത കണ്ടോണ്ടിങ്ങനെ വച്ചിട്ട് നോക്കലാണ് അതാ അവനെ ഹാത്തുകൾ കാര്യം കൊണ്ടുവരും അത്തരത്ത് മനസ്സിന്റെ അപ്പൊ വയക്കോ ഒരു ഹിന്ദിന്റെ പാർട്ടിയാണ് عذاب المصر العرض عن المهار نيل باركون نعررهون أنه لا تفضل أنه لا تفضل بالإعتبار والإستبداع على خرس الله فالأوام مسيح إعتبار الآن قلت يرون العلم ومسيح بارم ونكير للأم إنه لذلك عند أقول إنه لذلك ورسو إنه لذلك ورسو إنه قد يريد കാണപ്പെട്ടതിൽ നിന്ന് ചുരി അറിയുന്നാടനാണെന്ന് പറയും ഏത്തിബാവെന്ന് പറയും അവിടെ കമ്പ് കൂടെ കൂടിയെങ്കിലുള്ളൂ ഒരു തുറന്നു കണ്ടുകൊണ്ടാടനത്തില്ല വിഷുതിരാ അപ്പഴ ഏറ്റിംഭാഗം എസ്തിരുന്ന വ്യത്യാസം അപ്പം ആകുമ്പോഴായിരിക്കും വിശ്വതിനാലെല്ലാം എത്തിപ്പാഗണ്ടാവും എത്തിനെല്ലാം ഇഷ്ടായിക്കൊള്ളുന്നില്ല തെര നടക്കുമ്പോൾ ഇത് തെളിവിലായിക്കൊണ്ട് വെച്ചുകൊണ്ടിട്ട് ഇതിന്റെ തെളിവിനാൽ അത് وجننا لا خطم الله بن قدرته اللي ما يرون علمه ان مينو جديد يكون هذا اللي نجي عليكم هاريا ان نغو من الذين مارثوا بته امارتهم بضوالب الدين عند غلطك هاريا يكون اي في بون كان اللي دعاوى قرنوا يدي يقول اننا في نضمن مارثن ان وريد يريد كانوا ما دلها تاكلين مننا كانوا لما يغون بتاعنا ها و متا برجل الحمد ربنا ان ماهمن منه قعد نرضى تقطع مرقه ذن يعني على قلم وكير تروا نوطن ن انا فرائت في منامي وانا منامتهم قال لي يقول لي عبد يا دالي دنياي انت راغون അതിലുള്ള മുഴുവൻ പടത്തുകളും എന്റെ അടിമകളുമാകുന്നു എന്റെ വിവാഹമാകുന്നു ഒന്നുങ്ങളെ മതി അതുകൊണ്ട് പമനവറ ഇട വായിലിന് കുഞ്ഞും ഇറയിൽ ഹത്തേ തപ്പ് കൂടാതെ അരക്കൊണ്ടെങ്കിൽ വെട്ടം നോക്കിയാൽ യജമാനായി എന്റെ അണവ് മതി ഞാൻ ഞെട്ടി ഉണർത്തു വലിച്ചു അതുകൊണ്ട് അമാനത്തിന്റെ ഹത്തി വെച്ചു കൊണ്ടല്ലാതെ ഒരു ദിനെ കൊള്ളി നോക്കൂ ജാമ്യാ ഹത്യം ചെയ്തു വർദ്ധ്യാൻ നബിയാത്തോ അന്യ ഹൃദ്യോഗി റോബിയുള്ള പ്രതിപാട് അന്ന ഹോക്കാളെ വായിക്കൂ ഈ തവാക് തവാക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നു ഇരുത്താനും ഈ പർവ്വത്തെ ഇനി പച്ചക്കണ്ണുള്ള ജീവിക്കണം പർവ്വത ന്യായീം വാഹിത على الله في قربي عيني عملوا له اعد اضيض منهم ما بده يقول في قربي عيني منه اباتبه اني اعلمه انا والله فاهم والله هو يقول عندهم يقولون اعوذ بك من الجن اذا قرنوا نظرتم فقلت يا قوم ما اردتوا انني امرئ أعود بكين، أعود بكين، أعود بكين، جانب وردون جميل فقال أقمرنه إن لم أني مجابر منذ خمسينة نع يعني أين ذو قلت لما يبول مجابر؟ مجابر أين برمضا فنو فرأي فرأيت يوما تفن أعود وصنعه تفنك أنه سهدن فهو يعني هذا بنيتوني ും അപ്പോഴൊക്കെ കണ്ണിന് അഡ്ജിറ്റ് വന്നു അറവിന് അപ്പൊ താനത്ത് അല ഹബി എന്റെ കാവലം അല്ലെ കണ്ണുലിച്ച് അയ്യ അടിവിട്ടിലോട്ട് പോയി ഞാൻ പറഞ്ഞു സഹീരന് എന്നോട് പറയപ്പെട്ട് ലഹനത്തും വിലത്തും മർത്തി ഒരു ലഹലത്ത് ഒരു ലത്തുമത്തോട് വരം കൂട്ടിയിരിക്കുന്നു ഒരു ലഹല കൊണ്ടാണ് ഒരു വസം വന്നത് അയി ലത്തുമില്ല കണ്ണീരടി കണ്ണു മുറി അടി വലവ ല ഇനിയും കൂടുതലാണ് ഇനി അതി കൂടുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കണ്ടുപൊത്തിയത് അതിനെ പറ്റിയാണ് അവർ വിക് അവർ വിക്തെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പൂത്തൂല അടിക്കുമ്പോണ്ടിക്കില്ല അവിടെ താമസിക്കുന്ന ആള് വാങ്ങിച്ച് പോയിട്ട് അവർ കൂടുതലെ ഇപ്പൊ അതന്നെ മുച്ചാറ് നോട്ടത്തിനെ തുറത്ത് നോക്കൽ നീ തൂട്ടിച്ചോളണം എന്ന് ഒരിക്കൽ കണ്ട് ഗുണ്ടും നോക്കി വീണ്ടും നോക്കല് ഫൈനൽ നൂലാൽ ഒക്കെ ഒന്നാമത് നീക്ക് ചിലപ്പോൾ അനുകൂലമാകാം വസ്താണിയോ അല്ലേക്ക് രണ്ടാമത്തേ നീക്ക് പ്രതികൂലമാകാം ഒന്നാമത്തേന് ആ കാര്യം എന്താണെന്ന് ഏതാ നോക്കാം രണ്ടാമത് നോക്കിയാൽ ചിലപ്പോ സൂറ്റങ്ങൾ വരാൻ നോക്കണം പ്രതികൂലയ്ക്ക് പോകും അപ്പൊ ഏതെല്ലാം അങ്ങനെ തീർന്നത് പിന്നെ കൈകാലം ഒന്നും മറന്നും പറഞ്ഞില്ല ആദാബുൽ കൽബാൻ പറയും വാദാബുൽ കൽബി മൊറാഹാത്ത അങ്ങനെയുള്ളത് റവീയത്തിൽ അടവാൽ മഹോമത്തി ഇല്ല എന്നെങ്ങനെ നോക്കുക റവിയത്തിൽ മറന്നുമത്തി ഇങ്ങനെ പോക്കു പറഞ്ഞത് റാൽ ആ അല്ല ശരിയായി നമ്മടെ റബി എത്തുന്ന അതിലുള്ളത് അങ്ങനെയാണെങ്കിൽ ആൽമർമൊത്ത എങ്ങനെ ജീവത്താക്കുക ഒന്നെങ്കിലും അൽമർമത്തിയാക്കണം ഒരാന്നേരം ഈ ഭാഗത്ത് കുറെ പോകും കാര്യം ഒക്കെ വീട്ടിലും വളരെ ക്ലിയർ റബിള്ളത് അതിലുള്ളത് Be that of to of And ് മൊറാഹത്ത് മഹബാലകളെ കാത്തു സൂക്ഷിക്കുക മൊറാഹത്തി അൽ മഹമ്മൂദ മഹമ്മൂദത്തായ സുർഹമായ എന്തിൽ നമുക്ക് അതിനെന്തോലെ പോവുക ആശയപാർഹമായ മഗ്മൂമ്മത്തായ താളതരത്തിലുള്ള ഹവാദുകളിൽ നിന്ന് അത് മതിയുണ്ടാക്കണം മഹമ്മൂദത്തിന് കാത്തു സൂക്ഷിക്കുക അതൊക്കെ തള്ളിപ്പിക്കും എന്നാ ശരി അതൊന്നെ വളരെ ക്ലിയറായി ഹവാറിയ റബിയെത്തായതിനെ നെത്തിച്ചേജീവ എന്നിട്ട് അഹനിയെത്തായല്ല എന്നാൽ വളരെ ക്ലിയറായി എന്നാൽ അതിന് രണ്ടും കൂടെ ഒപ്പിക്കലാന്ന് കിട്ടാറ് ആ സീനക്കാരം ഒരു നൂറ്റവണ് കൂട്ടി കൊടുക്ക എന്നിട്ട് ഒരു വാവപ്പുറം കൂട്ടുകാണതരത്തിലുള്ള മധുമത്തായ ഹവാസുകളെ നെത്തിച്ചേജീവ تغليت اي بما احوال التريث ليه قات توت قيم جيدا الى تحديت توي ابو الدنيا وهو لا يجرهم من البناو قاط طبيعه المغمطه هذه الذي يجوا ذو غدنه قات توت قيم وقت باكو بي الله الا الله تعالى الله ان اعالغل اول النعمات التي اعال تنذكوا الله جل النعمته সম্বন্ধে منع ما هي واجبه خلقيه ان بقدره الله وان جه بي عجائب القدره هذه ضد ما ثان عليه قال الله تعالى افلا تفكرون في خلق السماوات والارض كما قال وكفكروا في خلق السماوات والارض هذا دومي الله التفكير اور اعتل تذيكنوا وقال قال الله عليه تفكر ساعه خير من اماله الثناء انه مذكرا قلتوا، مرضي في قلتوا. وفي رباة خير من عبادة الصبيعين سانعان رباة ومشللل. تفكروا الساعة خير من عبادة سانع ودو والله لا يجللل. يجبتوا اللون موضلل. هذا. حفظاً لدينا أوفيشا. فا يحملوا اللفل. آز يمبردوا. ودو والله. ألا تفكروا يا هريف دليل. وفي عندها دعاء رأيه ودو وفردوا. هذا من التكليل من مول الله. ാണ് തകലീനുണ്ടായത് അതിന്റെ അപ്പുറാമിത് അയിനുൽ ജക്കീനുൽ ജക്കീൽ ഇസ്ബുദി ലാറുണ്ടാവില്ല അതേ അവസരത്തിൽ വസ്താൻ എഴുപതുകൾ പറഞ്ഞതോ അനാത്ത അപ്പക്കുറി അഹലി ഷുഹൂർ ഷുഹൂറിന്റെ അലി കാണാത്ത അപ്പക്കുമൊക്ക അപ്പന്തായി അമ്മാകൾക്കല്ലി അലവാദ മുൻപോലേ ബാസി ലാഹിറായ എം എൽ എ കാണാം മലബാധ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യാം ومن آداب القلب الطبا انا رسول الله بالله تعالى الله ونك ربنا الذي جاريكرم وبجميع المسلمين لا مسلمين கொண்டோம் মুসলমান 되면 আমরা এমন একটা মর্যাদা পাবো এখন বলেন মুসলমানগুলো ইওলে দেনা তো আল্লাহর কোন বিচারിക്കുന്ന লিখাতো না ও কথা যে ও قلبه তে শুদ্ধ মা ক্রিমানে বিলিনা তো তে হেবিনা তো তে خیানাতিনা তো তে ওমলি তো নেতে যাবে মত তো فبينها هي قد يقد قد تمام ان بيان اعطي قلبه خيالته قد ضاعوا قلبه وجد مثلا قال الله تعالى ان ثمهم فضلوا الفؤاد كل اغناء كان عندهم الغناء وقال النبي صلى الله عليه وسلم ان الجدي مرته اذا طلعت طلعه طلعا طائر الجدي വൈദ ഫസത്ത് ജസതി അറബി പസാദിയാണല്ലാ ഇരുവന്തിരുന്നു അപ്പുറം പറഞ്ഞ ടിയാസ് അനുസരിച്ചിട്ട് വരുമ്പോ അതർ പതിനേ നിൽക്കുമ്പോഴത്തേക്കും അല്ല അതാണ് ആ മുതത്ത് അതാണ് കൽബ് എന്നു പറഞ്ഞ മുതൽകത്ത് അപ്പൊ കൺവിനോട് താതി ആയിട്ടാണ് ജസതിന്റെ എല്ലാ കാര്യവും നിൽക്കുന്നു െ കരി പറഞ്ഞ തലാഗത്തും കൽബുകൾ മൂന്നു നേരത്തിനുമ്പേ കൽബും കൽ ജബൽ മല പോലത്തെ കൽബുണ്ട് ലാരി ക്രൂ അതിനെ ഒന്നടത്ത് വരയ്ക്കാൻ ഈ രാജാവിന് നല്ല കൽബും ഒക്കെ കൽബു എന്തോ കൽബും കൽ നഖല ഈത്തപ്പന മലം പോലത്തെ കൽബുണ്ട് എന്നാലോ ആറും പട്ട അടികളുമില്ല അച്ഛൻ കാറ്റുണ്ടാകും യമീൻ ബീരാ യമീനും അടുത്തോട്ട് മെച്ചോട്ടം ചാൻ തൊണ്ടിരുന്ന ചൂടാ അപ്പൊ ഓരോ തന്നെ പത്തിന് ചാഞ്ഞുകൊണ്ടിരിക്കും അടിയിലേക്ക് പോവാതെ മറ്റേത് ഒന്നോ കണ്ടായില്ലേ കൽഗും കറി ചട്ടീ പൂവന്റെ മാജി കൺവ് മറ്റേ എന്തിനും ഒരു കാറ്റടിക്ക് ഇവിടെ അപ്പഴും മാറ്റി വലിയ തീയൻ വളരെ കുത്തോ എല്ലാ കാറ്റടിക്കും മുളം ഉണ്ടാക്കും അതീന ഇളകിക്കൊണ്ട് വെക്കും അതോടി സുബൂത്ത് ഉണ്ടാവും ഈയൊക്കെ വിറ്റേ പോകും ആ ജാതി അളയിപ്പോന്ന് കൽഭോണ്ട് മഹാദാ ഇവിടെ തെർത്തി വാങ്ങിച്ചു എല്ലാം കൂടി കാരണം ലാഹറായ ആതാപാണിയാത് ഇടയ്ക്കു വെച്ച് ആതാപ് കലപ്പ് കൂടി ഇറങ്ങാൻ പറഞ്ഞാലി കിട്ടാസ് അങ്ങനെ ഇണ്ട് ഗിതാബിന്റെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ല വാതാ ബുൽജരി എല്ലാക്കണം കമ്പ് നായുറുമായി വന്ദിക്കുന്ന ആ കൽബ് നടത്തുമ്പോക്കെ അപ്പൊ എന്താക്കോ നായുറൂട്ട് നോക്കുക വാദാൽ ജൈരി രണ്ട് കൈയിൽ വെട്ടി വന്ന് കൊണ്ട് വിശാലമാക്കി കൊടുക്കരുത് ഇതു കൊത്തുവാൻ വാൻ ലത്ത വിഹാല മനത്തിയത്തിനെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ പാടില്ല ആദാ ബുരുജിനിയതാണ് വിശകില്ലല്ലം അത് കൊണ്ടാ നമ്പോടിയുണ്ടാകും അതേ കിട്ടി തന്നെ ഉണ്ടായിരുന്നില്ല അല്ല എംസിയ ഭീമ മറഹൻ ഇവര് കാട്ടും അവനായിക്കൊണ്ട് നടക്കാൻ പാടില്ല വല എത്താല ബടായി കാട്ട വല എത്ത പത്തറ വല എഴുതുമല്ലോ അർത്ഥം തന്നെ وقالوا ان هي طريقت الله يا رب مرحي ومطالبي والمسيحياني تبعث لله بما يذكره الله تعالى ولا يتبعن ديماه المعادي للمض ومعن لخلقك ان اخلق عذاب واخلق ما بيتي بقوله راحيرو الاذام وان اخلاقون ودلي اخلقا പന്മുറാദിയ ഇതുകൊണ്ട് ഉദ്ദേശം അല്ലഹലാക്ക് അമ്മ അല്ല അതിനാണെങ്കിൽ ആദാവിനോട് അധിയം കിട്ടില്ല അഹ്ലാത്തി നല്ലതും ചീത്തയില്ലപ്പോ അപ്പൊ ആദാവിനോട് അധ്യ ചെയ്യണമെങ്കിൽ ആദാവും അല്ല അഹ്ലാത്ത് കൊണ്ടുണ്ടായിരിക്കണം നല്ല അഹലാത്ത് കാണോ സുമോതുമില്ല നല്ലതും ചീത്തയുമായി അഹ്ലാത്ത് എന്ന് വെച്ചാൽ അപ്പൊ പന്മുറാദു ബിയൊത്തുകളൊക്കെ ചെയ്ത അതിനെ പറഞ്ഞിട്ട് മഴക്കുൽ എന്നല്ലേ ആ വാറ മാറു ലോകി ഊഹ ഈ അഖലാസിന്റെ മൊത്തം അതിന്റെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നു അഞ്ച് മൂന്ന് മൂന്ന് കാര്യം കയറി ഒന്ന് ഷിമിന്ന് രണ്ട് അപ്പ് മൂന്ന് ഒന്നാസിന്റെ മോദീറ്റ് ആയി ോട് നീ കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാവും എന്നോട് നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ആ വർത്തവെന്ത് കിട്ടണമെന്നാവും നീ പ്രതീക്ഷിക്കുന്നത് അത് നീ നമുക്ക് കൊടുത്തേക്കാണ് ആ തോളും മറ്റന്നാട്ടില്ലാതിരിക്കുക കാരണം കൊണ്ടു നമുക്ക് പിന്നെ മകനും നതാ എന്ന് പറഞ്ഞാൽ നിന്റെ ഔങ്കാദ്യം കാണും ചെയ്യുക പിന്നെ മെഹറോ അമ്മ അപ്പറിക്കുന്നേരുന്നുമാഹറവ എല്ലാ കാര്യവും ഇൻസാഫ് നീതി പിന്നെ മഹമ്മുടെ മറ്റുള്ളവരുടെ എതിർപ്പുകളും മറ്റുള്ള തൈക്കൽ സുഹൂദ് സപാ സപാന്റെ സുഹൂദ് മറ്റുള്ള ആളുകൾക്കും സുഹമെന്നതും സപാൽ വന്ന് ദൂശ്യം പോവാനും കണ്ടെത്താതെ പിന്നെ തുടങ്ങി ചെറിയ പുറത്തേക്ക് വലിച്ചെറിയും ചെയ്യുക അപ്പൊ അവളു വെക്കാൻ പാടില്ല എല്ലാം അതിലേക്കിനും ആടങ്ങി കാല ഈ റവിയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ മിൻകുൻ നത്ത് ഇന്ത്യ ചെനമത് വരും അവർ ചെനമത്ത് അവർക്കുന്നത് രണ്ട് പോയിട്ട് ആണ് മനുഷ്യൻ്റെ ആകെ അങ്ങനെ ആ ഒരു അവസരത്തിൽ നെസ്സിന് കള്ള വായിക്കുള്ളൂ നെഫ്സിന്റെ എന്താണോ ആക്ട് ബ്രേക്ക് പിന്നെ ീറ് സ്റ്റാരി ഇൻഡിക്കേറ്റർ എല്ലാം ഗെയിമിലാക്കി കണ്ട്രോളായിക്കൊള്ളാം ഇങ്ങനല്ലോ ഇപ്പം മനസ്സിലാക്കാനുള്ള എളുപ്പം ഇന്ന് ഇപ്പൊ മള്ളിക്കേസ് എണ്ണയിൽ കൊടുത്താലേ എണ്ണിയും കുറിച്ച് വെള്ളം കീറ്റി കൊടുത്താൽ ഇന്നലെ മറച്ചു കൊടുത്താൽ ഉണ്ടാക്കും അതിന്റെ മോട്ടോർ പോസ്റ്റിംഗ് വരും ചട്ടാക്കി വരും പിന്നെ മീനിങ്ങനെ കറങ്ങാൻ തോന്നും മീൻ കറങ്ങി കറങ്ങിനാൽ ഈ കറങ്ങുമ്പെ നേരെയാക്കിക്കൊണ്ട് ആരും തട്ടാണോ മുട്ടാണ് മള്ളിക്കും കൊട്ടം വരാൻ പാടില്ല ജലിന്റെ ആൾക്കും കോട്ടം വരാൻ പാടില്ല യാത്രക്കാർക്കൊന്നും വരാൻ വാഴ അതേ രേഖകൾക്ക് കൊണ്ടുപോക്കും ഇതില്ലേ ഇതേമാതി മരിച്ചിരിക്കുന്നതൊക്കെ ഭക്ഷണമാകുന്ന പെട്ടെന്ന് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ രണ്ടും കാലത്ത് തനന്തോളം പവറാകില്ല മറ്റിനൊറ്റ പവറാകും ഒരുപാട് ചെലവഴ്സ് വരും ഒരു ഭാഗത്ത് മുറമ്പും വരും ഇതിന് എത്തിക്കൊള്ളും അപ്പൊ എന്താകണം ബസിന്റെ കിയാണല്ലോ ഡ്രൈവർ ഏതണ്ടോ സ്റ്റയറിംഗ് ഉണ്ട് ഗിയറുണ്ട് ആക്സിഡന്റ് ഉണ്ട് ഫ്ളച്ച് ഉണ്ട് ബ്രേക്ക് ഉണ്ട് ഇൻഡിക്കേറ്ററും പോണം അതിന്റെ പിപ്പിനും പറഞ്ഞേ അതെല്ലാം ഗെയിമിലാക്കി കൺട്രോൾ ആയിക്കോളാം ചെയ്ത് കൊണ്ടുണ്ടെങ്കിൽ കൂട്ടാ കൊട്ടണമെങ്കിലും ചൊപ്പ് നിൽക്കണ്ടി നോക്കിക്കോളാം അതിനൊട്ടാകാ ശരീരത്ത് തോക്കി എന്ന് പറഞ്ഞു നോക്കി അപ്പോൾ ഡ്രൈവിംഗ് ഓടിക്കല ഏത് കുട്ടിക്ക് എളുപ്പമാതുപോലെ തത്വക്കിന് ആളാകും എല്ലാവർക്കും എളുപ്പം ശരീരമാകുന്ന പല ഡ്രൈവിംഗ് പുതിയൊന്നുമില്ല ಯರ್ಜಿ ವಳಮಾತಕ್ಕಂತವ ಗಾಜನಿಗಾ ರಬಿಯಲ್ಲಾ ಜು ಬಿಸ್ಫಾ ಮಗದ ನೇತೆ ಬದಿಲ್ಲ ಅದು ತನ್ನಿಯಲ್ತನ್ ಇಬಾದತ್ ಮಾರಿನೆ ಉಲ್ಲೂಂ ವಕೌಲುಹು ಮುಸನ್ನಿಫ ಮರನು ಮಾಕುನ್ನಿ ಖಲ್ಕಿಂ ಮಾಲಹುಹಾಲಾ ಕೂನೋಂದಲ ಎಲ್ಲಾ ಪದತಿರೋಡಪಂ ಎನ್ನಿನೆ ಬಳಪು ಅವಿ ಖಾಲಕಿಂತಾ ಕಮ್ಮಾಗಿವಿಲ್ಲ ನಿಜಾ ಸಬಾಮಾ ಇಮ್ಮಯೋಡೆ ಉಬಾದ್ನ ಮಿಲ್ಲಾ ತವಿರೋಡ ಮಲ್ಲತ್ತು ವಿವರ್ನೋನು ಬಾರದು അവയോ ആന്തു ഹതിന അഖലാഫക മാമല്ല ഖാദറ ലഹു നാനതിമു ലഹു ഇൻദല്ലാഹ് അലന്ദ ന മുസ്ലിഫ് അങ്ങന പറഞ്ഞു അമറക ആന്തു ഹതിന അഖലാഫക മാമല്ല ഖാദറ ലഹു ദേ ദേ ഖബിലല്ലാ താളുകളോടും പെരുമാറ്റം നന്നാക്കണം എന്ന് അങ്ങെന്നാ ലിയന്ന ഹുവല്ലദീ ഹതാജില തഖ്തിന ഖലാക ആവിച്ച മോണിക്ക ഹത്തല്ല നല്ല ആളുകളോടനെ എങ്ങനെ പെരുമാറിയ നിങ്ങൾ ദർക്കിയോ ഓനനിലെ വലയ്കൂളോ എന്നിതു നോക്കണ്ടില്ല നല്ലയിടത്ത് നല്ല വരക്കില്ലാൻ അബുദമാരി സൗഭാഗ്യമില്ലാത്ത ആളുകളോട് ഹസൂർ കൽക്കാക്കിയ മറ്റുള്ളവരോട് അവരോധം ഉണ്ടാവുന്ന അബിലാഹ് റബീസ് ഏറ്റവും കൂടുതലാണല്ലോ أضران لللوم ومرجع ذلك إذن لكليباً داماً لكوله تعالى وأمر بالعرف وعيد معم الجاهلين الله تعالى ومر أخذ الله فوأمر بالعرف وعيد معم الجاهلين وذل الحافظة من اللفظة ما أشجد لكي يقال جيده لكي يحضره من النظر وأمر بالعرف سرع المعروف ويمدلن كاجين دوالاً لنقرفك وقوم أن أتوهم ونرد ما شكاله പ്രത്യുപ്പെന്ന് പറഞ്ഞാൽ നാട്ടുവാൻ പോലും നൃത്തം അഹ് കടിയാണ് നടത്തുന്നത് ഉറപ്പ് ഉറുപ്പെന്ന് പറഞ്ഞാൽ നാട്ടുവാൻ പോലും അതിന്റെ അർത്ഥം തെരയിൽ പ്രത്യേകം നട്ടു വരാത്ത രീതിയിൽ എന്താക്കണം ഇല്ലിന്റെ ഈ മിൻസാ പിന്നു അതിന അതിനെന്താ പറഞ്ഞാൽ മതിക്കണം ഇവിടെ ഇന്നതാവാം അതാണ് ഉറപ്പുന്ന കാരണം ചെറയിൽ ഇന്നത്തെ ജീവനോന്നാണോ ഇന്ന അളവുന്നൊന്നും നോക്കില്ല അതിന് ഒരു ദൌത്യവുമില്ല എന്നെ ഒട്ടിം കൊടുക്കണം ുദ്ധിയിലേക്ക് കൊടുക്കണം ഏത് ബുദ്ധി ഇൻസാഫുള്ള ബുദ്ധി അറിവുള്ള ബുദ്ധി ആ ആക്കല് കൊണ്ടു തീരുമാനം എടുക്കലിലേക്കാണ് ഉറപ്പെന്ന് പറഞ്ഞ സാധനം ഇവിടെ വെറുപ്പ് പാല് കഴിയും നാട്ടുവാങ്ങൂലും അതാത്ത ഉറപ്പാന്ന് പറഞ്ഞാൽ നാട്ടുവാങ്ങൂലെ ഉപ്പ് കൊടുക്കും കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടം വാങ്ങുമ്പോ അത് കൊടുത്തിട്ടില്ല പക്ഷെ ഇന്നത്തെ ഉറപ്പിന്റെ അടിസ്ഥാനം അതിനാണ് അതിനാന്ന് ഇപ്പൊ അതിനാന്ന് എന്ത് കച്ചവടം ആ മഹാത്താബിന്റെ കച്ചവടം നിങ്ങൾ മുക്താദാക്കി കൊണ്ടില്ലേ ഓരോ ദിവസീയാസുകളും അത് നടത്താൻ പറയാത്തായത് കൊണ്ട് ഒരു പലരത്ത് കൂടിയൊക്കെ ഒരു കിലോ അരി കൊണ്ടാ ഒരു കിലോ അരി ഞാൻ വിറ്റു ഞാൻ വാങ്ങി ഇത്ര പൈസ ഈ വർത്തനത്തിന് അരി ഉണ്ടാവുക സാധനം വാങ്ങി തീരുമ്പോ ഏഹ് നിങ്ങളുടെ ഏറെ എത്താൻ അവിടെ മെച്ചപ്പെടുവാണോ വാങ്ങുന്ന എല്ലാവരും പറയണ്ടേ അത് കണക്ക് വളരെ പറയാം കണ്ണിത്തുതാവ് നല്ല ദുഃഖത്ത് മഹാത്താബിന് വൈകിട്ട് അനിയാണ് മുഖ്താബ് അതേ അസരത്തിൽ ലക്ഷക്കണക്കിനൊക്കെ വരെ വരുന്ന വലിയ സാധനങ്ങൾ അത് കൂടാണ്ട് കഴിയൂരാണെന്നത് ഉദാഹരണമില്ല ആ അവിടെ അത് അധികം നടപ്പില്ലല്ല ലക്ഷക്കണക്കിന് വലിയ ഏറ്റുകണക്കിന് ഭൂമി വെക്കുന്നു വലിയ വാഹനം വെക്കുന്നു അവിടെ ഈറ്റാ കുങ്ങാ പോലും ഭൂമിയേക്ക് വഴിക്കുവാണ് മറ്റേതിലിപ്പോ എളുപ്പം ആ അവിടെ ഈറ്റാമുങ്ക പോലെ തന്നെ വേണം ഇനിയൊന്നും ഇല്ലാതെ എല്ലാവരും കടമൊക്കെ വിൽക്കുമായിരുന്നു ഇതുപോലെ നൂറുകാൽ രാത്രി ഒക്കെ ട്ടു ഇങ്ങനെ പറയുമ്പോൾ പദ്ധതി പറഞ്ഞു പോകുന്നത് അറിവ് പോകും അതിനെ മാഗത്തിന്റെ വയ്യെന്ന് പറയുന്നു അത് റുപ്പല്ല റുഫ് എന്ന് പറഞ്ഞാൽ ചെറയിൻ പ്രത്യേക രസ് വരാത്ത ഒന്നിലുണ്ടാക്കാൻ ബുദ്ധി കൊണ്ട് അതിന് ഒരു തിരുമന്ത്രി കത്തിക്കുക ആ ബുദ്ധി സമാന്റെ ബുദ്ധിയല്ല ഇൽമും വേണം ഇൻസാഫും െരാൻ കുറഞ്ഞതാണെങ്കിൽ മാപ്പുണ്ടെന്നും കൂടുതലാണെങ്കിൽ മാപ്പില്ലാന്ന് ചെലവ് പറഞ്ഞു കൂടുതൽ കുറഞ്ഞ അളവത്തരാതിക്ക അത് ഉറപ്പു കൊണ്ട് വിധിക്കണം എന്നുവച്ചാലോ ഈ ചോരയെ സംബന്ധിച്ച് വിധിയിരുത്താൻ പോകുന്ന നല്ല ബുദ്ധിയും അറിവുമുള്ള ഇരുത്താപുന്ന അളവുള്ളത് നോക്കി ചോദിക്കാം എന്താ ഇത് അധികം കുറവ് അവരുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞാട്ടെ തൊപ്പന ഇപ്പം തോന്നണം മാപ്പില്ല അത് കാലില്ലാന്ന എല്ലാ തീരുമാനം എന്നാ മാക്കുക അത് ഉറപ്പിലേക്ക് മടങ്ങി തന്നെ വരും അറിയുന്നവണ് ചോദിച്ച് പിടിക്കണന്ന് നാട്ടു മാമൂന്ന് അർത്ഥം പറ്റും പരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ പിറ്റീല് വരുമോന്ന് അപ്പൊ മാമൂനെ പ്രോത്സാഹിപ്പിക്കാനുള്ള തന്ത്രല്ല മടവിൽ കൂടി പൊക്കെ മാമൂനെ പ്രോത്സാഹിപ്പിക്കൂല മാമൂന് അന്നേന ചെയ്തു കൊള്ളാം നീക്ക് പോയി മുതിയെ പോവാനും വന്ന ഈ പറഞ്ഞത് ഇപ്പൊ പള്ളിയിലായി കഴിഞ്ഞാൽ അല്ല പള്ളിക്ക് പള്ളീന്റെ മക്കളിലേക്ക് ജീവിതത്തിൽ അർഹില്ല അത് മക്കാനനുസരിച്ചിട്ടും തല അനുസരിച്ച് മാപ്പ് വരുമല്ലോ വ്യത്യാസം വരുവല്ലോ അപ്പൊ ബലാൽ കൂടി നടന്നു പോകുന്നതിന്റെ തുണിയുടെ തലക്ക് അതിന് കേച്ചു കൊടുത്തതിന് ശേഷം തുണിയെ തലക്ക് കൊടുക്കുന്നത് ആക്കുവാന്നു പറയും തലക്ക് തയ്ക്കുന്ന മാപ്പല്ല അതുകൊണ്ട് സൂക്ഷിക്കാത്തത് കൊണ്ടാവും കേച്ചു കൊടുക്കാൻ അത് ആക് തീരെല്ലാം കാത്തു കൊടുത്ത് അവ തൂന്നിയ തരത്ത് മാപ്പാക്കുന്നത് തല്ല മണ്ണു മാപ്പാക്കൂല ചെന്നില്ല അതുപോലെ പള്ളിയിലേക്ക് മാപ്പാക്കാത്തത് പൊക്ക മാപ്പാക്കലുണ്ട് കക്കുറപ്പുറിയും മാപ്പാക്കുന്നത് പള്ളി മാപ്പാക്കില്ല അവിടെ കുത്തുമുള വായിക്കുവരുന്നു പിന്നെ വക്കാല തന്നുള്ള അവരുടെ അണീ അമറനീറബ്നിയൻ ഹറമനീന്ന് പറഞ്ഞതാണ് എനിക്ക് തരാതെ തടഞ്ഞു വെക്കുന്ന ആളുണ്ടാവും പൂവാണിക്ക് കൊടുക്കണോന്നാണ് എന്നോടുള്ള കല്പന അതുകൊണ്ടാ മല്ലാ തലാക്കിയ മണ്ണ അറമനി ഏറ്റാവുകൊണ്ടാന്ന് തിരിച്ചു പറയാൻ പറഞ്ഞു വലമനി അപ്പു ചെയ്യാനും കൽപ്പിച്ചു വാസിനമം കഥഹനി ആരാണോ ബന്ധം മുറിക്കുന്നത് അവന് ചേർക്കാൻ അല്പനാണ് അപ്പൊ ഇപ്പോ അവന് വല്ലതും ആഴത്തിലുള്ള പൊക്കം ഇത് അതാവും എന്നുണ്ട് إِذِ فَائِ نِيتَ عَلَيَّنَوْا بِالَّتِيهِ يَعَسْتَنُوا إِيَتْمُ عَسْتَنَاهَا لِجِيدِيَ دَعَنَوْا أَدْوَلُّوْا أَمَا فَإِذَا الَّذِي مَيْنَكُ وَبَيْنَهُ أَدَابَةٌ مِنْجَيْمْ وَبَلِّهِمْ أَرَيْلْ أَدَابَةٌ طُّلَّابِ عَالِي بِكِّيَا